മാതാപിതാക്കളോട് സൽക്കർമ്മം ചെയ്യാൻ നാം മനുഷ്യനോട് കൽപ്പിച്ചു അവൻറെ മാതാവ് അവനെ കഷ്ടതയോടെ ചുമന്നു കഷ്ടതയോടെ പ്രസവിച്ചു അവൻറെ ഗർഭകാലവും മുലകുടി നിർത്തലും മുപ്പതുമാസമാണ് അവൻ തൻറെ പൂർണതയിലെത്തുകയും നാൽപ്പതു വയസ്സാവുകയും ചെയ്യുമ്പോൾ അവൻ പറയും എന്റെ രക്ഷിതാവേ എനിക്കും എൻറെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് തൌഫീക്ക് നൽകണമേ എൻറെ സന്തതി പരമ്പരകളെ നീ എനിക്ക് നന്നാക്കി തരയണമേ തീർച്ചയായും ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു ഞാൻ മുസ്ലിംകളിൽ ഒരാകുന്നു